भगवन ഗവൻ ഐതാരാ പ്രദീപ്തംഗനിരീമാണൈ കവ്രജൈരിവ നഘനമണ്ഡലൈദ്യം ആവൃണതി വിരുചേ ള വർഷവേളാ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് പ്രകാശിച്ചു എപ്പോഴൊക്കെ ധർമ്മത്തിന് നിളാനി വരുമോ അധർമ്മം ലോകത്തിൽ പ്രചരിക്കുമോ അപ്പോഴൊക്കെ ഞാൻ അവതരിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ സത്യവ്രതനായ ഭഗവാൻ അതാണ് ഭഗവാന്റെ പ്രതിജ്ഞ സത്യവ്രതം ഭക്തപരിപാലനം സത്യവ്രതം സത്യപരം സത്യത്തിന്റെ സ്വരൂപമേ ഭഗവാനാണ് സത്യപരിപാലനം ചെയ്യുന്നവർക്ക് സത്യത്തിനെ അന്വേഷിക്കുന്നവർക്ക് പരമമായ ലക്ഷ്യമായിട്ടുള്ളവർ ത്രിസത്യം വ്യാവഹാരികം പ്രാതിഭാസികം പാരമാർത്ഥികം എന്നു മൂന്ന് സത്യം വ്യാവഹാരിക സത്യം എന്നുവെച്ചാൽ ലളിതമായി മനസ്സിലാക്കാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ എന്റെ മുമ്പിൽ കാണുന്നത് നിങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഇരിക്കണു ഞാൻ നിങ്ങളോട് വർത്തമാനം പറയണു ഇത് വ്യാവഹാരികം വ്യവഹരിച്ചുകൊണ്ടിരിക്കണം പ്രാതിഭാസികം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയുന്ന കുറച്ചു പേര് ഇപ്പോൾ പാലക്കാട്ടിലുണ്ട് അവരവിടെ ഉണ്ട് എന്നുള്ളത് വെറും ചിത്തവൃത്തി മാത്രം അതിപ്പോൾ അനുഭവത്തിൽ വെറും ചിത്തവൃത്തി മാത്രം ചിത്തവൃത്തിയിൽ മാത്രം നിൽക്കുന്നതാണ് പ്രാതിഭാസികം ജാഗ്രത വ്യാവഹാരികം സ്വപ്നം പ്രാതിഭാസികം അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ പാരമാർത്ഥികം എന്താണ് ഇത് രണ്ടും ആത്യന്തികമായിട്ട് നിൽക്കില്ല വ്യവഹാരവും നിൽക്കില്ല ഈ വ്യവഹാരം കുറച്ചു കഴിഞ്ഞാൽ പ്രതിഭാസമാവും ഈ വ്യവഹാരം കുറച്ചു കഴിഞ്ഞാൽ ചിത്തവൃത്തിയിൽ മാത്രമാവോ ഇവിടെ എങ്ങനെയൊരു സപ്താഹം നടന്നു എന്ന് തിങ്കളാഴ്ച പറയാം എന്തിനു ഞായറാഴ്ച വൈകുന്നേരം പറയാം അത് വെറും പ്രതിഭാസം അതേപോലെ തന്നെ ഇപ്പൊ പാലക്കാട്ടിലെ ആരൊക്കെ എന്തോ ഞാൻ വിചാരിക്കണതൊന്നും ശരിയായിരിക്കില്ല അത് വെറും ഒരു ഊഹം ചിത്തവൃത്തി മാത്രമാണ് അതും പ്രതിഭാസം പാരമാർത്ഥികമായി ഒരിക്കലും മാറാതെ ശാശ്വതമായിട്ടുള്ള വസ്തു ബ്രഹ്മം ഒന്നു മാത്രം അതുകൊണ്ട് ത്രിസത്യം ഈ മൂന്ന് സത്യവും ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് പരമാത്മാവാണ് വ്യവഹാരികം പ്രാതിഭാസികം പാരമാർത്ഥികം സത്യപരം ത്രിസത്യം സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യയോനിം ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ മുഴുവൻ മൂലമായ വസ്തു നമ്മളുടെ ഒക്കെ ഹൃദയസ്ഥാനത്തില് അടങ്ങിക്കിടക്കുന്ന വസ്തു അതിനെ കണ്ടെത്തിയാൽ അതുള്ളത് കൊണ്ടാണോ ബാക്കിയുള്ളതൊക്കെ സത്യമായിട്ട് തോന്നുന്നത് അതുകൊണ്ട് സത്യസ്യോനിഹിതം ച സത്യേ സത്യത്തിൽ നിഹിതം ഒളിഞ്ഞിരിക്കുന്നത് പ്രതിഷ്ഠിതമായിരിക്കുന്നു സത്യസ്യ സത്യം മൃതസത്യ നേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹ ജഗത്തിലെല്ലാം പരിണമിച്ചുകൊണ്ടിരിക്കുമ്പോ പരിണമിക്കാതെ നിൽക്കുന്ന വസ്തുവാണ് സത്യം അങ്ങനെയുള്ള സത്യത്തിന് ഞങ്ങൾ ശരണാഗതി ചെയ്യുന്നു എന്നാണ് ബ്രഹ്മാതി ദേവന്മാരൊക്കെ പറഞ്ഞത് അങ്ങനെ സത്യത്തിനെ സദാ ആശ്രയിച്ചു നിൽക്കുന്ന പ്രപത്തി ചെയ്തിരിക്കുന്നവരെ രക്ഷിക്കാനായിട്ടാണ് ആ സത്യം തന്നെ അവതരിക്കുന്നത് ഭാഗവതം ആരംഭിക്കുമ്പോ സത്യം പരം ധീമഹി എന്നാരംഭിച്ചു പ്രഹ്ലാദ ചരിത്രത്തില് സത്യനിഷ്ഠനായ പ്രഹ്ലാദൻ ഭഗവാൻ തൂണിലുണ്ട് എന്ന് പറഞ്ഞപ്പോ സത്യം വിധാതു നിജഭൃത്യഭാഷിതം അതേ പ്രഭു ഇവിടെ ദശമസ്കന്ധത്തിലെ സത്യവ്രതം സത്യപരം ത്രിസത്യം ഭാഗവതം പൂർത്തി ചെയ്യുമ്പോ അവസാനം കസ്മയേന വിഭാസിതോയതുലോ ജ്ഞാനപ്രദീപുരാ തദ്രൂപേണ ചാരദായ മുനയെ കൃഷ്ണായ തദ്ൂപിണ യോഗീന്ദ്രായ തദാത്മനാ ച ഭഗവദ്രാതായ കാരുണ്യതം വിമലം വിശോകം അമൃതം സത്യം പരം ധീമഹി അങ്ങനെ സത്യം പരം ധീമഹിന്ന് ആരംഭിച്ച് ഉടനീള സത്യത്തിലൂടെ സഞ്ചാ സഞ്ചരിച്ച് സത്യം പരം ധീമഹി എന്ന അവസാനം അപ്പൊ ഭാഗവതം മുഴുവൻ എന്താണ് പ്രതിപാദ്യ വിഷയം സത്യം ആ സത്യസ്വരൂപനായ ഭഗവാനാണ് ഇവിടെ അവതരിച്ചിരിക്കുന്നത് ൂപത്തോടെ രൂപത്തോടെ ആ രൂപം വരികയും പോവുകയും ചെയ്യും പക്ഷെ ഭഗവാന്റെ സ്വരൂപമോ ഒരിക്കലും പോക്കും വരവുമില്ലാത്തത് വന്നും പോയും കൊണ്ടിരിക്കുമ്പോ അവതാരം എന്ന് വിളിക്കുന്നു വരവും പോക്കും ഇല്ലാതെ നിൽക്കുമ്പോ ബ്രഹ്മം തമദ്ഭുതം ബാലകം അംബുജക്ഷണം ചതുർഭുജം ശംഖഗദാര്യുദായുധം तमद्भुतं बालकमं पूजेक्षणम बालकः बालकःนുവെച്ചാൽ अयम् बालकः कः ई बालन ആരാണ് एषः बालकः कः ई बालन ആരാണ് बालकः अयम् बालकः कम् ई बालन കം ആണ് ബാലകം കം എന്ന് വെച്ചാൽ എന്താണ് ഉപനിഷത്ത് പറഞ്ഞു കം ബ്രഹ്മത്തിന് രണ്ടു പേരാണ് കം എന്നും ഖം എന്നും അപ്പൊ ബാലരൂപേണ പ്രകാശിക്കുന്ന കം ആ അത്ഭുതം ബാലകം അംബുജിക്ഷണം ചതുർഭുജം അതൊക്കെ യുക്തിയാണ് വ്യാഖ്യാതാവേത്തിനതു കവിഹിന്ന് പറയും കവി അറിയാതെ പറയും വ്യാഖ്യാനിക്കുന്നവനാണ് അത്ര കണ്ടുപിടിക്കുക തമദ്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശങ്കഗദാര്യുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം പീതാബരം സാന്ദ്രപയോദസൗഭം മഹാർഹവൈഢൂര്യകിരീടകുണ്ടലത്രിതസഹസ്രകുന്തളം ഉദ്മകാഞ്ച്യങ്കദാതിർവിചമാനം വസുദേവത വസുദേവരാണ് കാണുന്നത് എനെ കണ്ടു എന്ന് വെച്ചാൽ ഭട്ടതിരി അത്യത്ഭുതമായി വർണ്ണിച്ചു ശൗരിസ്തു ധീരമുനിമണ്ഡല ചേതസോ ദൂരസ്ഥിതം വപുരുദീക്ഷ്യജക്ഷണഭ്യം ആനന്ദബാഷ്പുളകോദ്ഗതഗദ്ഗദ്രഹ തുഷ്ടാവദൃഷ്ടി മകരന്തരസംഭവന്തം ശൗരി വസുദേവര് ഇങ്ങനെയുള്ള ആളാണ് വച്ചാൽ ജിതേന്ദ്രിയന്മാരായ മുനിമാരുടെ സമാധിക്ക് പോലും വിഷയമല്ലാത്തതായ ഈ ഭഗവാനെ മുമ്പിൽ കാണുന്നു വസുദേവൻ ശൗരിഹീതു ധീര മുനിമണ്ഡല ചേതസോപി ദൂരസ്ഥിതം മുനിമണ്ഡലങ്ങളുടെ ചിത്തത്തിനു പോലും ദൂരസ്ഥിതമായിട്ടുള്ള വസ്തുവിനെ ഉദിക്ഷ്യ നിജക്ഷണാഭ്യാം തന്റെ കണ്ണുകൾ കണ്ടു ശൗരിസ്തുധീര മുനിമണ്ഡല ദൂരസ്ഥിതം വപുരുദിക്ഷ്യ നിജക്ഷണാഭ്യാം തന്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് മുനികൾ ഏതൊരു വസ്തുവിനെ ചിത്തം കൊണ്ട് ഗ്രഹിക്കാൻ ശ്രമിച്ച് സാധിക്കാതെ ഇരിക്കുന്നുവോ മുഹ്യന്തിയ സൂറയഹ അങ്ങനെയുള്ള പരമാത്മ വസ്തു അനേക ജന്മ തപസ്സിന്റെ ഫലമായിട്ട് വസുദേവരുടെ മുമ്പിൽ പ്രകാശിച്ചു വസുദേവര് കണ്ടു എങ്ങനെ കണ്ടു എന്ന് വെച്ചാൽ നിജക്ഷണാഭ്യം തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു ആ വസ്തുവിനെ വാസ്തവത്തിൽ എങ്ങനെ കാണണം നിജേക്ഷണം കൊണ്ട് കാണണം നിജ ഈക്ഷണം എന്ന് വെച്ചാൽ ആത്മാവിനെ ഈക്ഷിക്കുന്നത് നിജേക്ഷണം ഉള്ളില് കണ്ണുകൊണ്ട് ഉള്ളില് കാണേണ്ട വസ്തു അതിനെ അതാകുന്ന കണ്ണുകൊണ്ട് അതിൽ തന്നെ നിന്നുകൊണ്ട് അതായിരുന്നു കൊണ്ട് കാണണം എന്നാൽ ജഗത്ത് മുഴുവൻ അതായി തോന്നും ത തായ്മാനവസ്വാമികൾ പറഞ്ഞു അതിനെ അതായി ഇരുന്നു കൊണ്ട് അതിലിരുന്നു കൊണ്ട് അതാകുന്ന കണ്ണുകൊണ്ട് കണ്ടാൽ ജഗത്ത് മുഴുവൻ അതായി തോന്നും തന്മയമായി നിറനില താനേ താൻ ആകി നിറ താൻ തന്റെ സ്വരൂപത്തിൽ നിൽക്ക അതാണത്ര അതിനെ കാണാനുള്ള വഴി അങ്ങനെ നിന്നാലോ നിന്മയമായി എല്ലാം നികഴും പരാപരമേ കാണുന്നതൊക്കെ ഭഗവാന്റെ സ്വരൂപം കാണുന്നതൊക്കെ ഈശ്വര സ്വരൂപം ഇവിടെ വസുദേവരെങ്ങനെ കണ്ടു നിജക്ഷണഭ്യം ഉള്ളിലുള്ള കണ്ണു മാത്രമല്ല പുറമേക്കുള്ള കണ്ണു കൊണ്ടു പുറമേക്ക് ഗുരുവായൂരപ്പൻ അതിസുന്ദരമായി കണ്ടു ഗുരുവായൂരപ്പനെ കണ്ടു ആനന്ദ ബാഷ്പളകോദ്ഗത ഗദ്ഗദാർദ്ര ഭക്തിയുടെ സർവ്വലക്ഷണങ്ങളും ഈ ഒരു ലൈൻ ആനന്ദ ബാഷ്പം പുളകം ഉത്കണ്ഠ ഗദ്ഗതം ആർദ്രഭാവം ആനന്ദ ബാഷ്പെ ആനന്ദബാഷ്പണ്ടായി ആനന്ദബാഷ്പം കണ്ണീർ ആനന്ദ കണ്ണീർ കണ്ണിന്റെ അറ്റത്തുകൂടെ കണ്ണീരൊഴുകത്രയും അതുകൊണ്ട് യോഗികള് ബ്രഹ്മാനന്ദം അനുഭവിക്കുമ്പോൾ ആ ആനന്ദക്കണ്ണീര് കുടിക്കാൻ കുരുവികളും അടിയിൽ വന്നിരിക്കും ധന്യാ നാം ഗിരികന്ധരേഷതം ജ്യോതിപ്പരം ധ്യായതം ആനന്ദാശ്രു കണാന് പിബന്തി മുനികളുടെ മടിയിൽ വന്നിരുന്ന കുരുവികള് കണ്ണുന്ന് വീഴുന്ന ആനന്ദ കണ്ണീര് കുടിക്കും അതൊരു മാധുര്യം ആനന്ദം കൊണ്ട് കണ്ണീര് വരുമ്പോ അറ്റത്തുകൂടെ എങ്ങനെ ഒഴുകുന്ന ദുഃഖം കൊണ്ട് കണ്ണീര് വരുമ്പോ മൂക്കിന്റെ അടുത്തു കൂടെ ഒഴുകും അപ്പൊ ആനന്ദ വേറെ ദുഃഖം കൊണ്ടുള്ള അശ്വര വേറെ ആനന്ദപഷ്പ പുളകോദ്ഗത പുളകമുണ്ടാവുന്നു ഉത്കണ്ഠ തൊണ്ടയടറുന്നു ഗദ്ഗതമുണ്ടാവുന്നു ഗദ്ഗദാർദ്ര ആർദ്രത വാക്കുകൾ മുഴുവൻ നനഞ്ഞിരിക്കണം ആനന്ദബാഷ്പുളഗോദ്ഗത ഗദ്ഗദാർദ്രുഷ്ടിച്ചു ഭഗവാൻ എങ്ങനെയുണ്ട് ദൃഷ്ടി മകരന്തരസംഭവന്തം മകരന്തം എന്ന് വെച്ചാൽ തേൻ തേൻ കഴമ്പ് തേൻ കഴമ്പ് തമിഴില് പിഴമ്പ് എന്ന് പറയും മലയാളത്തില് കഴമ്പല്ല മൗനപ്പിഴമ്പ് തേൻ കഴമ്പായിട്ടുള്ള ഗുരുവായൂരപ്പനെ ആനന്ദബാഷ്പുളഗോദ്ഗത ഗദ്ഗദാദ്രഷ്ടാവ ദൃഷ്ടി മകരന്തരസം ഭവന്തം ദൃഷ്ടിക്ക് മകരന്തരസം മകരന്ധത്തിന്റെ തേനിന്റെ രസം അതിങ്ങനെയത് വായിക്കല്ലേ തേനിന്റെ രസം ഭഗവാനെ കാണുമ്പോ വായുടെ രസം എങ്ങനെ കണ്ണില് വരും എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളൊക്കെ തലകിഴായി അതാണ് ദൃഗ്യാം പ്രഭിബന് എന്നൊക്കെ പറഞ്ഞത് നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുഖാമ്പോധി പൂരേരമേരൻ കണ്ണുകൊണ്ട് കുടിക്കുക ചെവി കൊണ്ടു കുടിക്ക അപ്പൊ തുഷ്ടാവൃഷ്ടിമകരന്തരസംഭവന്തം കരന്തപൽ കണ്ണലൊട് നെയ്കലന്താർ പോല ശിരന്ത അടിയാ ചിന്തനയുൾ തേനൂറി നൃു പിറന്ത പിറപ്പറുക്കും എങ്ങൾ പെരുമാൻ നിരങ്ങൾ കരന്തപാൽ കണ്ണലൊട് നെയ് കലന്താർ പോലെ അതെങ്ങനെയാന്ന് വെച്ചാൽ മാണിക്യവാചകർ പറയുന്നു പരമശിവനെ കാണുമ്പോ നടരാജമൂർത്തിയെ കാണുമ്പോ അദ്ദേഹത്തിന് തോന്നിയത് ഇങ്ങനെയുണ്ട് ഭഗവാനെ കാണുമ്പോ ഇങ്ങനെയാണോ തോന്നുക എന്ന് വെച്ചാൽ ആ ഒരു രുചി ദൃഷ്ടിമകരന്തം എന്ന് പറഞ്ഞ പോലെ നടരാജനെ കണ്ടപ്പോ കറന്നു വെച്ച പാല് അതിൽ കരിമ്പിന്റെ ചാറൊഴിച്ച് കറന്താൽ കണ്ണലൊട് നെയ് കലന്താർ പോലെ അതിൽ നെയ്യും ഒഴിച്ചു കരന്തപാൽ കന്നളുട് നെയ് കലന്താർ പോലെ അങ്ങനെ ഒക്കെ കൂടെ കലക്കി അതിലൊരു മാധുര്യം ഏർപ്പെടുന്ന പോലെ ശിറന്ത അടിയാർ നല്ല ഭക്തന്മാര് ആ ഭക്തന്മാരുടെ ഹൃദയത്തില് തേനൂറി നിൻ്റെ വിഷമിച്ചിട്ടൊന്നുമല്ല സംസാരതാപം അകറ്റണത് തേൻ പോലെ ഊറി ഊറി ഊറി നിൽക്കുന്ന ഭക്തി ദൃഷ്ടി മകരന്തരസം അവിടെ ഹൃദയത്തിന് മകരന്തം എന്ന് പറഞ്ഞു ചിരന്ത അടിയാർ ചിന്തനയുൾ എന്ന് പറഞ്ഞു ചിന്തനയ്ക്കുള്ളിൽ തേനൂറി നിണ്ട് ഹൃദയത്തില് തേനൂറി നിൽക്കണ ഇവിടെ ഭഗവാനെ ഭട്ടതിരി പറഞ്ഞു ദൃഷ്ടി മകരന്തരസം ദൃഷ്ടിക്കും അകരന്തം കണ്ണിനും അകരന്തം കാണുമ്പോ തേൻപോലമുണ്ട് തുഷ്ടാവ ദൃഷ്ടി മകരന്തരസംഭവന്തം ഭാഗവതം ഉപനിഷത്ത് ഭാഗവതം സാമാന്യമായിട്ടുള്ളൊരു പുസ്തകമല്ല പരമഹംസ സംഹിതം എല്ലാവർക്കും ഉപയോഗപ്പെടുമെങ്കിലും ഭാഗവതത്തിന്റെ ആഴത്തിൽ ഇറങ്ങിപ്പോവാൻ പരമഹംസന്മാർക്കേ പറ്റുള്ളൂ എന്താന്ന് വെച്ചാൽ വിദ്യ അങ്ങനെയുള്ള വിദ്യ വസുദേവർ ഭഗവാനെ സ്തുതിച്ചു ശൗരി സ്തുതിച്ചു എന്ന് പറഞ്ഞു ഭാഗവതത്തിൽ ശൗരി സ്തുതിക്കുന്നത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയല്ല ഭാഗവതത്തിലെ സ്തുതി വസുദേവന് പറയണത് ഭഗവാനെ സകലഭൂതജാലങ്ങളുടെയും അന്തർഹൃദയത്തില് അഞ്ചിന്ദ്രിയങ്ങൾക്കും വിഷയമാകാത്ത ഏകാനുഭവമായി ഇന്ദ്രിയങ്ങൾക്ക് പുറകിലുള്ള മനസ്സിനും മനസ്സിനു പുറകിലുള്ള ബുദ്ധിക്കും പൊന്തി അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന അഹങ്കാര്യത്തിനും അഹങ്കാരത്തിനും സാക്ഷിമാത്രമായി അവബോധമായിരിക്കുന്ന പരമപുരുഷനാണ് അവിടുന്ന് ഞാൻ അറിയുന്നു ഭഗവാനെ കാണുമ്പോ തത്താദൃക് തത്താവത്ാതി സാക്ഷാത് ഗുരുഭവനപുരേ എന്ന് പറഞ്ഞ പോലെ ഗുരുവായൂരപ്പനെ മുമ്പിൽ കണ്ട ഉടനെ വസുദേവർക്ക് ആത്മജ്ഞാനം ഉദിച്ചു തത്കാലത്തേക്ക് മറന്നു മറന്നു പോവും അതാണ് ഭാഗവതം മറന്നു മറന്നു പോവും പക്ഷെ തൽക്കാലത്തേക്ക് കൃഷ്ണനെ കണ്ട ഉടനെ വസുദേവർക്ക് ആത്മവിദ്യ ഉദിച്ചു ആത്മസാക്ഷാത്കാരം ഉണ്ടായി ആത്മാവാണ് എന്ന് പറയുന്നു ആത്മന ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യത്തെ സ്വ്യതിരേകത്തോ ദൃശ്യപദാർത്ഥങ്ങളൊക്കെ തന്നെ ആത്മാവിനെ മാറ്റി നിർത്തിയാൽ ഇല്ല ആത്മാത്രമേ പ്രകാശിക്കണുള്ളൂ എന്ത് കൃഷ്ണൻ മുമ്പിലിരിക്കുമ്പോഴും കൃഷ്ണനെ കണ്ടില്ല ആത്മാ ആത്മാ ബ്രഹ്മം എന്നാൽ ദേവകിയെങ്കിലും അച്ഛൻ പുരുഷൻ പുരുഷൻ അത്രയൊന്നും പാശമുണ്ടാവില്ല അമ്മയ്ക്ക് പാശമുണ്ടാവും കുട്ടിയുടെ അടുത്ത് അപ്പൊ ദേവകിയെങ്കിലും ഒന്ന് കൃഷ്ണനെ കണ്ടിട്ട് ഒന്ന് നാമരൂപത്തോടുകൂടെ സ്തുതിച്ചാ വേണ്ടില്ല ദേവകി വസുദേവരെ വിഴുങ്ങിക്കളഞ്ഞു <systemscape Followed by andename> <nisseullen> <statistically formedgraflies> ം യത്പ്രാഹു അവ്യക്തം ആദ്യം ബ്രഹ്മജ്യോതിർ നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണുഹു അധ്യാത്മദീപ ഗുരുവായൂരപ്പ അവിടുന്ന് ഒരു സത്വം എന്ത് സത്വം സഹാത്വം ആ ബ്രഹ്മം ഉപനിഷത്തുകളൊക്കെ പറയുന്ന വസ്തുവുണ്ടല്ലോ അതവിടുന്ന് എന്താ വസ്തു രൂപം യത്തപ്രാഹു അവ്യക്തം ആദ്യം കാണാൻ വയ്യ ഇന്ദ്രിയങ്ങൾക്ക് വേദ്യമല്ല ആദ്യം പ്രപഞ്ചത്തിനുമൊക്കെ ആരംഭത്തിൽ ഏതൊരു ശുദ്ധബോധമയമായ വസ്തു ഉണ്ടായിരുന്നു അത് ബ്രഹ്മ ബ്രഹ്മമാണ് ജ്യോതിഹി പ്രകാശമേ സ്വരൂപം നിർഗുണം യാതോരു സത്വരജസ്തമോ ഗുണങ്ങൾ ബാധിക്കില്ല നിർവികാരം വികാരങ്ങളൊന്നും സ്പർശിക്കില്ല പിന്നെ സ്വരൂപം എന്താ ഒണ്ട് ഉണ്ട് എന്ന അനുഭവം മാത്രമായി സത്താമാത്രം ആഗ്രഹങ്ങളൊന്നും സ്പർശിക്കാത്തതായ ബ്രഹ്മമാണവിടെ നിന്ന് ഇവിടെ ഭട്ടതിരി ആ ശ്ലോകങ്ങളെയൊക്കെ മാറ്റി സ്വതന്ത്രമായിട്ട് വസുദേവർ സ്തുതിച്ചു നാരായണീയത്തിൽ ദേവപ്രസീത പരപൂരുഷ താപവല്ലി നിർലൂനിതത്ര സമനേത്ര ഖേദാൻ അപാകുരു കൃപ ഗുരുഭിടൈ ഇയാദിതേന മുതിരം നു ഭൂ അലയോ പരപൂരുഷ ഇജിതോസി പുരുഷസാക്ഷാത് എന്ന് പറഞ്ഞതിന് എവിടെ എടുത്തു പരപൂരുഷദ പ്രസീത പ്രസന്നനായാലും താപവല്ലീ നിർലൂനിതത്ര ദുഃഖമാവുന്ന വള്ളി അറുത്ത് കളയുന്നത് സംസാരമാവുന്ന വൃക്ഷത്തില് ചുറ്റിക്കിടക്കുന്ന ആസക്തിയാകുന്ന വള്ളി അതാണ് ഈ ദുഃഖത്തിന് കാരണം അപ്പൊ ഈ ദുഃഖമാവുന്ന വള്ളി മുറിച്ചു കളഞ്ഞ് നിർലൂനിതത്ര താപ സമനേത്രകലാവിലാസി താപവല്ലി നിർലൂനിതത്ര സമനേത്രകലാവിലാസി കൃപഗുരു കടാക്ഷൈ കരുണനറഞ്ഞ ആ കടാക്ഷം കൊണ്ട് ഖേദാന അപാഗുരു ദുഃഖങ്ങളൊക്കെ നീക്കിയിട്ട് ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു മാത്രാ ചേത്രസലി സ്ത്രിതന് ഗാത്രവല്യാ അഭിഷ്ടുത ഋണഹ കരുണാലയസ്വം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യതവ്യം മാതുർഗിരാദിതമാനുഷബാലവേഷം ദേവകിയും കണ്ണീരുവിട്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് അതേസമയം ദുഃഖത്തോടുകൂടെയും ഭഗവാനെ സ്തുതിച്ചു ഭഗവാൻ അവരുടെ മുമ്പിൽ ആവിർഭവിച്ച് പ്രാചീന ജന്മയുഗളം ഭാഗവതം കൃഷ്ണാവതാരം ആരംഭിച്ചപ്പോഴേ ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശം ആരംഭിച്ചു കഴിഞ്ഞു കൃഷ്ണാവതാരത്തിൽ ജനിച്ചിരിക്കുന്നത് എന്തിനാ ഉപദേശിക്കാനായിട്ട് അതാണ് ലോകാനുഗ്രഹ സമ്പ്രദായ ഗുരുണാ കാരുണ്യദുഗ്ധാബ്ദിനാം എന്ന അഖണ്ഡാനന്ദ സ്വാമികൾ ഒരു സ്തോത്രം ഉദ്ധരിക്കുന്നു ഭാഗവത ദർശനത്ത് ലോകാനുഗ്രഹ സമ്പ്രദായ ഗുരു കാരുണ്യ ദുഗ്ധാബ്ധി ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ ഭഗവത്ഗീത ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇപ്പൊ ലോകാനുഗ്രഹ സമ്പ്രദായ ഗുരു ലോകാനുഗ്രഹം ചെയ്യാൻ ഉള്ള സമ്പ്രദായത്തിന് മുഴുവൻ ഗുരുവായിട്ടുള്ള കാരുണ്യ ക്ഷീര സമുദ്രം കാരുണ്യ ദുഗ്ധാബ്ദിനാം അങ്ങനെയുള്ള ഭഗവാൻ പ്രകാശിച്ച ഉടനെ വസുദേവർക്കും ദേവകിക്കും മുമ്പിൽ ശംഖചക്ര ഗതാപാണിയായിട്ട് നിന്നു ശംഖചക്ര ഗതാപാണിയായി നിന്നുകൊണ്ട് ഭഗവാൻ പറഞ്ഞു നമുക്കൊക്കെ ഭാഗവതം വായിക്കുന്ന പലർക്കും ഏർപ്പെടുന്ന ഒരു സംശയത്തിനെ വിടെ ദൂരീകരിക്കാം എന്താന്ന് വെച്ചാൽ ൾ കൺമുമ്പിൽ വെച്ച് മരിക്കണത് കാണേണ്ട ഒരു മഹാദുഖം വസുദേവർക്കും ദേവകിക്കും വന്നു പലർക്കും തോന്നും എന്തിനിങ്ങനെ ഒരു ദുഃഖം അവരനുഭവിച്ചു സാക്ഷാത് ഭഗവാൻ പുത്രനായി ജനിക്കേണ്ടിയിരിക്കേ അതിനു മുമ്പ് ഇത്തരത്തിലൊരു ദുഃഖത്തിനെ കൺമുമ്പിൽ കാണേണ്ടി വന്നുവല്ലോ അവർക്ക് അതിനെന്താണ് കാരണം എന്നൊരു സംശയം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാനു വിരോധമായിട്ട് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ീശ്വര വിരോധം ആ ഒരേ ഒരു ദൗർബല്യം നമ്മളിൽ ഇല്ലെങ്കിൽ ഈശ്വരൻ സദാ പ്രകാശിച്ചുകൊണ്ടേ വേദ്യനായിട്ടേ ഇരിക്കണം ആ ദൌർബല്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഈശ്വരനെ മറന്നിട്ട് അഥവാ ഈശ്വരനെ നിന്ന് അകന്നിട്ട് ഇരിക്കുന്നത് ദൌർബല്യം എന്താന്ന് വെച്ചാൽ ആസക്തി ഇന്ന ആളോട് ആസക്തി എന്നില്ല ആരോടാണെങ്കിലും തിരുമൂലർ പറഞ്ഞു ആശയ അറുമിൻ ആശയൻ ഈശനോടാകിലും ആശയ അറിമിൻ ആശയി പടപ്പട തുൻബം ആശയി വിടവിട ഇൻബം താനേ ആശയ ലോക വിഷയങ്ങളോടൊക്കെ ആസക്തി വിടണം ഈശ്വരനോടുള്ള ആസക്തി വെച്ചുകൊണ്ട് ലോകത്തിലുള്ള വിഷയങ്ങളോടുള്ള ആസക്തിയൊക്കെ വിട്ടു എന്നിട്ട് അവസാനമോ ഈശ്വരനോടുള്ള ആസക്തിയും വിട്ടാൽ ബാക്കിയുള്ളത് ഈശ്വരനാണ് ആ ആസക്തിയും ഈശ്വരനെ പ്രാപിക്കാൻ തടസ്സമായിട്ട് നിൽക്കണം ഈശ്വരൻ എപ്പോഴും ഉള്ള വസ്തുവാണ് അപ്പോ ആസക്തി അതിന് തടസ്സമായിട്ട് നിൽക്കണു വസുദേവർക്കും ദേവകിക്കും എന്താ ആസക്തി എന്ന് വെച്ചാൽ അനേക ജന്മമായിട്ട് ഇവർക്ക് ഉണ്ടായിരുന്ന ആസക്തി കുട്ടികൾ കുട്ടികൾ കുട്ടികൾ വേണം കുട്ടികൾ വേണം എന്നുള്ള ആസക്തി ഈ ആസക്തി കാരണം രണ്ട് ജന്മത്തിൽ സാക്ഷാത് സർവേശ്വരൻ മുമ്പിൽ വന്ന് നിന്നിട്ടും ഭഗവാനോട് മോക്ഷത്തിനു വേണ്ടി ചോദിച്ചില്ല ഭഗവാൻ പറയണു മോഹിതോമമായ എന്റെ മായ കൊണ്ട് മോഹിതരായിട്ട് ഒരു ജന്മത്തില് അതിഥി കശ്യപനായിട്ടുള്ളപ്പോ വാമനായിട്ട് ജനിച്ചു അപ്പോഴും ചോദിച്ചില്ല അതിനു മുമ്പ് പ്രശ്നഗർഭനായിട്ട് ജനിച്ചു അപ്പോഴും ചോദിച്ചില്ല അപ്പൊ നോക്കണം പ്രകൃതിയുടെ ക്രൂരമായ കൈകള് ആ പുത്രവാ പുത്രനോടുള്ള ആസക്തി കുട്ടികളുണ്ടാവണം എന്നുള്ള ആസക്തിയെ ഉള്ളിൽ നിന്ന് എടുക്കണമെങ്കിൽ കുറച്ച് ദുഃഖം അനുഭവിച്ചാലേ പറ്റുള്ളൂ ദുഃഖമനുഭവിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ട് പുത്രദുഖം തന്നെ അനുഭവിക്കേണ്ടി വന്നു ആദ്യം ഏതിനോട് ആസക്തിയോ അത് നമ്മൾ ദുഃഖിപ്പിക്കും എന്ന് ഉപനിഷത്ത് ഒരു നിയമം പോലെ പറയുന്നു എന്തിനോട് ആസക്തിയാണെങ്കിൽ അതിന് യാതൊരു കണ്ണുമില്ല ആ പ്രകൃതിക്ക് ഏതിനോട് ആസക്തിയാണോ അത് നമ്മൾ അത്യന്തം ദുഃഖിപ്പിക്കും അപ്പോ സ്നേഹം തെറ്റല്ല ആസക്തി തെറ്റ് നിർബന്ധ ബുദ്ധി തെറ്റ് ആ നിർബന്ധ ബുദ്ധി കാരണം രണ്ട് ജന്മത്തിൽ ദുഃഖിച്ചു ഈ ജന്മത്തില് ആറ് കുട്ടികളും മരിക്കണത് കാണേണ്ടി വന്നു അപാരമായ ദുഃഖം ദുഃഖം എന്ത് ചെയ്യും നമ്മളെ ഈശ്വരനോട് അടുപ്പിക്കും ദുഃഖം വരുന്തോറും ഭഗവത് ഭക്തി അധികമായി കൊണ്ടേ വരും അങ്ങനെ ഭഗവത് ഭക്തി അധികമായി വന്ന് പക്വപ്പെട്ടു നിൽക്കുന്ന വസുദേവർക്കും ദേവകിക്കും ഭഗവാൻ ഒരു ഉപദേശം കൊടുത്തു ഭഗവാൻ പറഞ്ഞു ഈ ജന്മത്തിലും ഇതാ ഞാൻ നിങ്ങൾക്ക് പുത്രനായിട്ട് ജനിക്കണം പക്ഷേ ഇതിനു മുമ്പ് നിങ്ങൾ ചോദിച്ചിട്ട് ഞാൻ ജനിച്ചു ഈ ജന്മത്തിൽ ചോദിക്കാതെയേ ജനിക്കണം ഈ ജന്മത്തില് വസുദേവരും ദേവകിയും വേണമെങ്കിൽ ഭഗവാനെ ഇനി എട്ടാമത്തെ കുട്ടി ജനിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഈ ഹംസൻ വധിക്കുവല്ലോ ജനിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ഭഗവാൻ ഇതാ ജനിക്കണു ഭഗവാൻ പറയണു നിങ്ങള് എന്നെ വെറും പുത്രൻ എന്ന് മാത്രം കരുതിയാ പോരാ എന്റെ സ്വരൂപം അറിഞ്ഞുകൊണ്ട് എന്നെ പ്രേമിച്ചാൽ ഈ ജന്മത്തിൽ നിങ്ങൾ മുക്തി നേടും വെറുതെ ബ്രഹ്മം എന്നു മാത്രം കരുതിയാലും പ്രേമം ഉണ്ടാവില്ല ധ്യാനം ഉണ്ടാവില്ല രണ്ടും വേണം യുവാമ പുത്രഭാവേന് അസകൃിന്തയന്തേഹോ മദ്ഗതി പരാം നിങ്ങള് പുത്രൻ എന്നുള്ള ഭാവത്തോടു കൂടെസ്നേഹ ബ്രഹ്മം എന്ന ഭാവത്തോടു കൂടെ ചിന്തയന്ത പുത്രഭാവന കൃതസ്നേഹ ബ്രഹ്മഭാവന ചിന്തയന്തോ പുത്രേഹ ബ്രഹ്മഭാവന ചിന്തയന്തോയാഥേ മദ്ഗത്തിം പരാം പുത്രഭാവത്തിലുള്ള വാത്സല്യം ഏർപ്പെടുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളെ ബ്രഹ്മതത്വം ബോധിപ്പിക്കാം എന്റെ മഹിമ വൈഭവം കാണിച്ചു തരാം അങ്ങനെ കാണുന്തോറ് നിങ്ങളുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ഈ വാത്സല്യം തന്നെ സമാധിയായിട്ട് മാറും വാത്സല്യം കുട്ടി എന്ന് വിചാരിക്കുമ്പോൾ വാത്സല്യത്തിന് പാശം എന്ന് പേര് ആ കുട്ടിയെ സാക്ഷാത് ഭഗവത് സ്വരൂപം എന്ന് വിചാരിക്കുമ്പോൾ ആ വാത്സല്യത്തിനെ ഭക്തി എന്ന് പേര് ഭർത്താവ് എന്ന് വിചാരിക്കുമ്പോ ഏർപ്പെടുന്ന സ്നേഹത്തിന് പാശം എന്ന് പേര് ആ ഭർത്താവിൽ സാക്ഷാത് സർവേശ്വരൻ പരമാത്മാ ബ്രഹ്മം എന്ന് കരുതുമ്പോ ആ പാശമേ ഭക്തി എന്ന് പേര് ഏത് വികാരമാവട്ടെ ഏത് ബന്ധമാവട്ടെ ആ ബന്ധത്തിലൊക്കെ തന്നെ പരമാത്മാ എന്നുള്ള ബുദ്ധി ദൃഢമായി വരുന്തോറും ആ ബന്ധം ആ ബന്ധം തന്നെ ദിവ്യാനുഭവമായിട്ട് സമാധിയായിട്ട് മാറും എന്നാണ് ക്രമേണ അത് അറിഞ്ഞുകൊണ്ട് ഭജിച്ച് ചിത്തശുദ്ധിയോടുകൂടെ ഭജിച്ച് ആ പാശത്തിനെ നീക്കാനുള്ള വഴിയാണത് അല്ലാതെ പാശത്തിനെ ഉറപ്പിക്കാനുള്ള വഴിയല്ല അപ്പൊ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ എന്നെ പുത്രൻ എന്ന് കരുതുന്നതോടൊപ്പം തന്നെ പരമാത്മാ എന്നും കൂടെ അറിഞ്ഞാൽ എന്താവും എന്നോടുള്ള സ്നേഹം വിശ്വത്തിനോട് മുഴുവനുള്ള സ്നേഹമായിട്ട് മാറും സർവചരാചരങ്ങളും എന്റെ സ്വരൂപമായിട്ട് നിങ്ങൾക്ക് പ്രകാശിക്കും ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു എന്നെ ഉടനെ ഗോകുലത്തിൽ കൊണ്ടുപോവാം അവിടെ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാം മാതൃഗിരാദിതാമാനുഷബാലവേഷം അമ്മയ്ക്ക് അവിദ്യ കയറിക്കൂടി പത്ത് മിനിറ്റിന് ബ്രഹ്മാനുഭവം നിന്നു പിന്നെയും ചുവട്ടിൽ വന്നു അതാണ് യോഗതലം എന്ന് പറയുന്നത് യോഗതലത്തിൽ വന്നും പോയും കൊണ്ടിരിക്കുന്ന ഭാവങ്ങൾ ഭഗവാന്റെയോ ഗുരുവിന്റെയോ ഒക്കെ കൃപ കൊണ്ട് ചിലപ്പോൾ പക്വമായിട്ടുള്ള ആളുകൾക്ക് കുറച്ചു നേരത്തേക്കൊക്കെ ആ സമാധിമാതിരി ഒരു അനുഭവം ഉണ്ടാവും കുറച്ചു നേരത്തേക്കൊക്കെ ആ ഉയർന്ന അനുഭവം ഉണ്ടാവും ആ അനുഭവം ഉണ്ടായിരുന്നിട്ട് ഒന്ന് എത്തി നോക്കിയിട്ട് വരും അതുപോലെ ആ വസുദേവരും ദേവകിയും ഒന്ന് എത്തി നോക്കി പക്ഷെ അവിടെ തന്നെ നിന്നാൽ ഈ ലീല നടക്കില്ല അതുകൊണ്ട് അവിടുന്ന് വീണ്ടും ചവിട്ടിലേക്ക് വന്നു വീണ്ടും ചുവട്ടിലേക്ക് വന്നതോടുകൂടെ ദേവകി പറഞ്ഞു ഭഗവാനെ കംസൻ ഇപ്പൊ വരുമല്ലോ വാഴും കൊണ്ട് വരുമല്ലോ ഈ അലൌകികമായ രൂപത്തിനെ അടക്കിക്കളയും ഭഗവാൻ ഉടനെ പ്രാകൃത ശിശു ചെറിയ കുട്ടിയെ പോലെ ആയി മാനുഷബാലവേഷം ത് പ്രേരിതസ്തുനന്ദൂജയാത്യസമാരചയ സിശൂരസൂനു ത്തോ അധൃതചിത്തവിധാർമാര്യ അമ്പോരുഹസ്തഹഹം സിശോരമ്യം ഭഗവാനെ അങ്ങനെ കയ്യിലെടുത്തു വസുദേവർ കയ്യിലുള്ള ബന്ധങ്ങളൊക്കെ കഴിഞ്ഞു കയ്യിലെടുത്തു ത്വാം ഹസ്തയോഹോ അധൃത രണ്ട് കയ്യിലും അങ്ങനെ എടുത്തു അങ്ങനെ എടുത്തു പിടിച്ചിരിക്കുമ്പോൾ എങ്ങനെയുമുണ്ട് ചിത്തവിധാര്യം ആര്യഹീ പട്ടതിരി പറയണം ആ യോഗികള് ഹൃദയത്തിൽ ഏതൊരു പരമാത്മാവിനെ ധരിക്കുന്നുവോ ആ പരമാത്മാവിനെ ഈ ഭാഗ്യവാൻ കയ്യിലെടുത്തു ചിത്തവിധ്യമാര്യോ അതൃത് അത് കണ്ടാൽ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അംബോരുഹസ്ത അമ്പോരുഹം എന്ന് വെച്ചാൽ താമര താമരപ്പൂവിന്റെ ഉള്ളിൽ പെറ്റുകിടക്കുന്ന ഒരു കളഹംസ പോലെ വസുദേവരുടെ കൈക്കുള്ളിൽ കിടക്കുന്ന കുട്ടിയും അമ്പോരുഹസ്ത കളഹംസ കിശോരമ്യം ഈ സമയം സകല പേര് ഉറങ്ങാണ് നല്ല മഴ നല്ല രാത്രി മഴയും പെയ്തു കൃഷ്ണാവധാനി അപ്പം നല്ല മഴ അങ്ങനെ വർഷവേള അങ്ങനെ വർഷം മഴ പെയ്തു മഴ പെയ്യണു എല്ലാരും നല്ല ഉറക്കം മഴ പെയ്യണുന്ന് അറിയാതെ പോലും ഉറക്കം എന്താ ഇങ്ങനെയൊരു ഉറക്കം അവിടെ ഗോകുലത്തില് പ്രസവിച്ച അമ്മ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്ന് പോലും നോക്കാതെ ഉറങ്ങിപ്പോയി എന്നാണ് അങ്ങനെയൊരു ഉറക്കമുണ്ടോ എന്ന് വെച്ചാൽ യാതേ വി നിദ്രാ രൂപേണ സംസ്ഥിത അവളാണ് ജനിച്ചിരിക്കണത് അപ്പൊ എല്ലാവരുടെ ഉള്ളിൽ നിദ്രയായിട്ടിരിക്കണവൾ അവിടെ ജനിച്ചതുകൊണ്ട് സകല പേര് ഉറങ്ങിപ്പോയി സകല പേര് ഉറങ്ങിപ്പോയി അങ്ങനെ ഉറങ്ങുമ്പോഴാണ് ജാത തഥാ പശുപദ്മനിഗനിദ്രാ നിദ്രാ വിമുദ്രതമൃതപൗരലോകം ത്പ്രേരണക്കിമിഹ ചിത്രം അചേതനൈ ദ്വാരൈ സ്വയം വ്യഘടി സഘടിതൈ സുഗാഠം വാതിലുകളൊക്കെ തനിയേ തനിയെ തുറന്നു സ്വയം വ്യഘടി അചേതനമായ ജഡമായ വസ്തുക്കളൊക്കെ സ്വയം ചലിക്കും അങ്ങനെ ചലിക്കോ എന്ന് വെച്ചാൽ ചലിക്കണില്ലേത കയ്യ് കാല് തലയും ശരീരം ചലിക്കണല്ലേ ശരീരമൊക്കെ ജഡം ജഡമായ ശരീരം എങ്ങനെ ചലിക്കണു ത്വപ്രേരണാത് അവിടുന്ന് പ്രേരിപ്പിച്ചു ഉള്ളിലിരുന്ന് പ്രേരിപ്പിക്കണത് ഈ ജഡമായ ശരീരം ചലിക്കുന്നു കൈ കാലനങ്ങുന്നു വായ വർത്തമാനം പറയണു കണ്ണുകളിലൂടെ കാണണു അങ്ങനെയിരിക്കുമ്പോ ഭഗവാന്റെ പ്രേരണ കൊണ്ട് വാതില് തനിയെ തുറന്നു എന്ന് വെച്ചാൽ പിന്നെ എന്താശ്ചര്യം പറയാൻ എന്താശ്ചര്യമുണ്ട് വാതിൽ തുറക്കുകയല്ല വാതിൽ നടന്നു പോവും എന്തു വേണമെങ്കിൽ നടക്കാം സംഘടിതം ആ മഴയത്തെ കുഞ്ഞിനെ തലയിൽ വെച്ചുകൊണ്ട് വസുദേവർ നടന്നു മഴ കൊള്ളാൻ പാടില്ല ആ കുട്ടിക്ക് ജലദോഷം പിടിക്കും ആർക്കാണ് അതിനെക്കുറിച്ച് വിചാരം എന്ന് വെച്ചാൽ ആദിശേഷന് വിചാരം വന്നു ഇവിടെ സൗഖ്യമായി വൈകുണ്ഠത്തിലിരിക്കുന്ന ആളെ ഭൂമിയിൽ ഈ എടയന്മാര് മഴയത്ത് കൊണ്ടുപോവാണ് അപ്പോ അവിടെ മുകളിൽ നല്ലൊരു കൊട വൈകുണ്ഠത്തിൽ എവിടെ കൊട ആദിശേഷനെ തന്നെ കൊട അവിടെ ആദിശേഷൻ ശേഷേണ് ഭൂരിഭണ വാരിത വാരിണാത് അനേകം പത്തി മഴ ശേഷം ജഗത്തിലെ എല്ലാത്തിനെയും തള്ളിയാൽ ശേഷിക്കുന്ന വസ്തുവായ പ്രഭുവിനെ വെള്ളം വീഴാതെ രക്ഷിക്കാനായിട്ട് സ്വൈരം പ്രദർശിത പഥോ മണിദീപിതേനെ ടോർച്ച് ലൈറ്റും വേണം ആരെങ്കിലുമൊക്കെ വേണമല്ലോ ആദിശേഷനെ തന്റെ പടത്തിലുള്ള വിളക്കുകൾ തെളിച്ച് മഴവെള്ളം വീഴാതെ കാത്തുകൊണ്ട് ത്വാം അങ്ങനെ കൊണ്ടുപോയി പോകുമ്പോ വെട്ടതിരി പറയാ എന്തു ഭാഗ്യം വസുദേവർക്ക് ത്വാം ധാരയൻ സഖലുധന്യതമ പ്രസസ്തേ സ്വയം ത്വമീശമമനാശയ മഹ ധന്യഹ ധന്യതാ ധന്യതമഹ സൂപ്പർ ലൈറ്റീവിൽ ഇതിനു മേലെ ധന്യതയുണ്ടോ എന്തുണ്ട് ധന്യത എപ്പൊ വരും ഒരു ജീവന് എപ്പോ ഭഗവാനെ ധരിക്കണോ അപ്പൊ ധന്യത വരും എപ്പൊ ഈശ്വരനെ ഹൃദയത്തിൽ ധരിക്കണോ അപ്പൊ ധന്യത വരും അതിനു മുമ്പ് വയറു നിറയെ ചോറിനെ ധരിച്ചുകൊണ്ട് നടക്കണു ചോറുകൊണ്ടുണ്ടായ ശരീരം അതിനെ നടത്ത് ചോറുകുത്തി നിറച്ച് ആകും പകലും അതിനെ ധരിച്ചുകൊണ്ടേ നടക്കുന്നു മനസ്സ് നിറയെ ദുഃഖം വയറ് നിറയെ ചോറ് തല നിറയെ വേണ്ടാത്തര വിചാരങ്ങൾ എന്നാ കുറവുണ്ടോ പെട്ട് നിറയെ പണം അവസാനം ഇങ്ങനെ ധരിച്ച് ധരിച്ച് വെയിറ്റ് തൂക്കി തൂക്കി പണം നാലു പേർ തൂക്കിക്കൊണ്ടുപോകും അവിടെ കൊണ്ട് വെച്ചാ പാടാ അവസാനിച്ചു അപ്പൊ എപ്പൊ ധന്യത വരും ജീവന് ധന്യത ഹൃദയത്തിൽ ചിത്തവിധാര്യം ചിത്തത്തിൽ ആ പ്രഭുവിനെ ധരിക്കണം ഇവിടെ വസുദേവർ എവിടെ ധരിച്ചു ഹസ്തയോ അതൃത ധന്യതമപ്രതസ്ഥേ ധന്യതമനായ വസുദേവർ കയ്യിൽ വെച്ചുകൊണ്ട് ഭഗവാനെ എടുത്തുകൊണ്ട് പോകും കയ്യിൽ വെച്ചാൽ അവിടെ കൊണ്ടുപോയാൽ ചുവട്ടില് വയ്ക്കണം ഹൃദയത്തിൽ വെച്ചാൽ ഒരിക്കലും ചുവട്ടില് വയ്ക്കാൻ പാടില്ല അതുകൊണ്ട് ബുദ്ധിപൂർവം അകനും ഭഗനുമൊക്കെയാണ് ഭേദം ചില ഭക്തന്മാരി അകാസുരനെയും ബകാസുരനെയും പോലെയാണ് ഭഗവാനെ എടുത്ത് മെഴുങ്ങിക്കളയണം പുറത്തു വയ്ക്കാൻ പാടില്ല ഉള്ളിലെടുത്ത് വയ്ക്കിത്തമാര്യ അങ്ങനെ എടുത്തുകൊണ്ടുപോയി ഭവന്തോ നിസ്സരൻ ദദർശ ഗനോ ജലഭരാം കളിന്ദത്മജാം യമുനദി അല്ലെങ്കിലെ കുറുമ്പ് കൂടുതലാണ് യമുനയുടെ തീരത്തിലെത്തുമ്പോൾ വെള്ളം ഇങ്ങനെ ആകാശം മുട്ട അലയടിക്കണോന്നാണ് ആകാശം അലയടിച്ചുകൊണ്ട് അഹോ സലിതസഞ്ചയ സ പുനഃ ഐന്ദ്രജാലോദിത സാധാരണ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ലല്ലോ ഇതെന്താ ഇന്ദ്രജാല പ്രകടനം പോലെ ഇങ്ങനെ വെള്ളം മലവെള്ളം പോലെ വന്നിരിക്കണം മലവെള്ളം പോലെയുള്ള ഈ യമുനാജലം കണ്ടിട്ട് വസുദേവർ സംശയിച്ചില്ല മരിച്ചാലും എന്തായാലും ഭഗവത് ആജ്ഞയെ പാലനം ചെയ്യണം വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിലിറങ്ങി ജലൌഘൈവ തണാത് പ്രപഥമേയതാമായ അതിലേക്ക് ഇറങ്ങി ഇറങ്ങി പോകുമ്പോ പെട്ടെന്ന് ആ വെള്ളം തക്ഷണാത് പ്രപഥമേയതാം ആയയോ കാലടി അളവിൽ മാത്രം ആയി തീർന്നു അർത്ഥം എനിക്കങ്ങനെ തോന്നുന്നില്ല അങ്ങനെയാണ് അവിടെ അർത്ഥം പ്രപഥം ഏയതാം ആയോ എങ്ങനെയാന്ന് വെച്ചാൽ കളിന്തക യമുനാനദി എന്തിനു വെള്ളം അലയടിച്ചു വസുദേവർ ഇറങ്ങിയ ഉടനെ കാലടി അളവിൽ മാത്രമായി തീർന്നു ഇന്ദ്രജാലോദിതാ ജലൗഘാ ഇവ തക്ഷണാത് പ്രപതമേയതാമായു ഭക്തന്മാര് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഈ വെള്ളം അലയടിച്ച് ഭഗവാന്റെ വാദസ്പർശം കൊതിച്ചിട്ടാണ് യമുനക്ക് അത്യാവശ്യം വെളുത്ത നിറം ഉണ്ടായിരുന്നു ആചാര്യസ്വാമികൾ പറഞ്ഞു യമുനാജലം പ്രയാഗത്തിലു പോയാൽ ഒരു വശത്ത് ഗംഗ ഒഴുകും വേറൊരു വശത്ത് യമുന ഒഴുകും രണ്ടും കൂടെ കൂടിച്ചേരുന്ന കാണുമ്പോ ക്ലിയറായിട്ട് രണ്ടു ജലവും വേറെ വേറെ അറിയാം ഗംഗ വെള്ള നിറത്തിലുണ്ടാവും യമുനാജലം കറുപ്പ് നിറത്തിലുണ്ടാവും രണ്ടും കൂടെ ഇപ്പൊ യമുന എങ്ങനെ കറുത്തു എന്ന് വെച്ചാൽ യമുനക്ക് ഒരേ ആശ കൃഷ്ണനെ ഒന്ന് തൊടണം ആ പാദം പ്രപദം ആ പാദം ഒന്ന് തൊടണം എന്ന് ആശിച്ച് പൊന്തി പൊന്തി പൊന്തി പൊന്തി വന്നു അങ്ങനെ പൊന്തി വന്ന യമുന വസുദേവരുടെ വായവരെ എത്തി മൂക്കിന് മേലെ പോയാൽ ആപത്ത് വായവേരെ എത്തിയപ്പോ തലയിലുള്ള കുട്ടി കാല് ചവട്ടിലിട്ടു കാല് ചുവട്ടിലിട്ടപ്പോ ആ കാല് പ്രപദം പദം വേറെ എത്തി ആ പദം വേറെ എത്തി അതിന് പോയാലേ ഉള്ളൂ ആപത്ത് ആ പദത്തിൽ തൊട്ട ഉടനെ യമുന കറുത്തു എന്നാണ് ഇവന്റെ അംഗസ്പർശം കൊണ്ടാത്ര യമുന കറുത്തത് മുരാദികായ കാലി ലാമവാരിധാരിണി ത്രിണീകൃത ത്രിവിഷ്ട്രിോകശോകി മനോനുകൂല കൂല കൂഞ്ച കുഞ്ചധൂത ദുർമദുനോ മനോമലം കളിന്ദ നീ സദാ ജലച്ുതച്ഛ്യുതംഗരാഗലം പടാളി ശാളി സദാവീർണ ഭർതൃഭൃത്യനാരദാമേ മനോമലം കളിന്ദനന്ദിനീ സദാ കളിന്ദനന്ദിനി എങ്ങനെ കറുത്തു എന്ന് വച്ചാ മുരാരായകാലിമവാരിധാരിണി മുരാരിയുടെ കായത്തിലെ കാലിമ മുരാരുടെ ശരീരത്തിലുള്ള കറുപ്പ് നിറം ഇവൾക്ക് കലർന്നു കിട്ടിയെന്നാണ് അവൻ ഗുളിച്ചു ഗുളിച്ചു കറുപ്പിച്ചു യമുനാചൽ അങ്ങനെ യമുനാജലം യമുന ഭഗവാന്റെ പദം തൊട്ടതോടുകൂടെ അവിടുന്ന് ഇറങ്ങി വസുദേവർ നേരെ ചെന്നു പ്രസുപ്ത പശുപാലികം പ്രസുപ്ത പശുപാലികം നിഭൃതമാരുതദ്ബാലിക്കം അപാവൃതകാടിക്കം പശുപവാടിക്കാം ആവിശന്നി ബന്തമയമർപ്പയൻ പ്രസവ തൽപ്പകേ തത്പദാദ്വഹൻ കപട കന്യകം സ്വപുരമാഗതം വേഗത ഏട്ടനും അനിയത്തിയും എങ്ങനെയാണ് പറയേണ്ടത് സഹോദരൻ സഹോദരി രണ്ടുപേരും കപടകന്യക കപട ബാലക കപടകന്യകം അവളൊരു കപട കന്യക അവിടെ ജനിച്ചൊരു കപട ശിശു അവൾ എപ്പോഴേ കന്യക എന്ന് പറഞ്ഞു ആ കപട കന്യകയെ കപട ശിശുവിന് പെൺകുട്ടിയെ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നു കുട്ടിയെ അവിടെ ആക്കി അവിടെ വാതിലൊക്കെ തുറന്നേ കിടന്നു എന്താന്ന് വെച്ചാൽ ഒക്കെ കൊച്ചു കൊച്ചു കുടിലുകളാണ് മധുരാപുരി പോലെ സിറ്റി അല്ല ഒക്കെ പശു അപാവൃത കവാടികം അവർക്കൊന്നും പാവം സ്വത്തൊന്നുമില്ല ആരെന്തെടുത്തോണ്ട് പോവാൻ ഒന്നും എടുത്തോണ്ട് പോവാൻ ഒന്നുമില്ല വാതിലൊന്നും അടച്ചു വെക്കേണ്ട ആവശ്യമേ ഇവം പോയ ശേഷം മാത്രമേ വാതിലുണ്ടാക്കിയതും അടച്ചു വയ്ക്കലും പൂട്ടലും ഒക്കെ ഇവം പോണവരെ അതൊന്നും വേണ്ട അപാവൃതകാണ്ടികം തദസ്ത്വദനുജാരനുജാരത നിദ്രവേഗ്രടോത്കര നിവേദിത പ്രസവവാർത്തയെ വാർത്തിമാന് എപ്പോഴാ ഈ പ്രസവം നടക്കാന്ന് കാത്തുകൊണ്ടിരിക്കുന്ന കംസൻ ഇവൾ വന്ന ഉടനെ ഇവൾ നിലവിളിച്ചു മായയെ ഇവിടെ വന്ന ഉടനെ വാതിലൊക്കെ അടഞ്ഞു വസുദേവർക്ക് ബന്ധനമൊക്കെ വന്നു ഭഗവാൻ കയ്യിൽ വന്ന ഉടനെ ബന്ധനമൊക്കെ അഴിഞ്ഞു വാതിലൊക്കെ തുറന്നു മായ വന്ന ഉടനെ ബന്ധനമൊക്കെ വന്നു വാതിലൊക്കെ വീണ്ടും ക്ലോസായി ഇവൾ വന്ന ഉടനെ കരയാൻ തുടങ്ങി ക്വാ ക്വാ ക്വാ ക്വാ ക്വാ എവിടെ എവിടെ എവിടെ എവിടെന്നാണ് ക്വാ കംസ അപ്പൊ കംസൻ ഇവിടെ കാവൽക്കാർ ഓടിച്ചെന്ന് പറഞ്ഞു ഉറക്കമേയില്ലാത്ത കംസൻ പോലും വന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിയ കംസൻ എന്തെന്തൊക്കെയോ സ്വപ്നം കണ്ടു പേടിച്ചാരണ്ട എഴുന്നേറ്റം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ ഈ ഉറക്കത്തിന്റെ ഇടയിൽ കുട്ടി ജനിച്ച് വളർന്ന് വലുതായി കല്യാണം കഴിച്ച് കയ്യിലൊരു വാളുവായിട്ട് നിൽക്കണുണ്ടാവുമോ എന്ന് അത്രയും പേടി കംസൻ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം കപടമായവിയാണ് വിഷ്ണു എന്നാണ് ബഡോത്കര നിവേദിത പ്രസവവാർത്തയൈവ ആർത്തിമാന് ആർത്തനായ കംസൻ വിമുക്ത ചിഗുരോത്കര ത്വരിതമാപതൻ ഭോജരാട് തലമുടിയൊക്കെ അങ്ങനെ കെട്ടാൻ പോലും മറക്കും അന്ന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ധാരാളം തലമുടിയും ഉണ്ടാവും തലമുടി കെട്ടുക ഒരു സംസ്കാരം തലമുടി അഴിച്ചിട്ടിട്ട് പുറത്തു പോകാൻ പാടില്ല പക്ഷെ കംസൻ അതുപോലും മറന്നുപോയി എന്നാണ് ഭടോത്കര നിവേദിത വിമുക്ത ചിഗുരോത്കര തല നിൽക്കാന്ന് പറയില്ല ഭദ്രകാളിയിട അപ്പൊ സ്ത്രീകൾക്കും അത് പാടില്ല എന്നാണ് ഇവിടെ കംസൻ പുരുഷന്മാർക്കും പാടില്ല പുരുഷന്മാർക്കും തലമുടിയുണ്ട് അന്നൊക്കെ ധാരാളം കുടുമയായിട്ടുണ്ട് അതിങ്ങനെ വളർന്നു കിടക്കണോ അത് രാത്രി ഉറങ്ങുമ്പോ അഴിഞ്ഞുപോയത് ഒന്ന് കെട്ടാൻ പോലും മറന്നിട്ട് വിമുക്ത ചികുറക്കര ത്വരിതമാപതൻ ഭോജരാട് ഓടി കയ്യിലെ വാളുമായിട്ട് അതുഷ്ട ഇവ ദൃഷ്ടവാൻ വന്നു നോക്കുമ്പോ കയ്യിലൊരു പെൺകുട്ടിയുമായിട്ട് ദേവകി ഇങ്ങനെ നിൽക്കുന്നു ഭഗിനിക കന്യകാം വിഷമായി കംസനൻ പെൺകുട്ടിയോ ഇതെങ്ങനെ പറ്റി ചുറ്റും നോക്കി അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒരാൺകുട്ടിയോ ഒളിച്ചു വെച്ചിട്ടുള്ളൂ ദേവകിയും വസുദേവരും അല്പമൊന്ന് പ്രാർത്ഥിച്ചു കംസനോട് യാചിച്ചു ഈ കുട്ടിയെങ്കിലും ഒന്ന് വിട്ടുകളയാം ആരുടെയോ കുട്ടിയല്ലേ ധ്രുവം കപടശാലിനോ മധുഹരസ്യമായ ഭവേത് അസാവിധി കിശോരിതാം ഇത് കപടമായാവിയായ വിഷ്ണുവിന്റെ എന്തോ ഒരു കളിയാണ് എന്തായാലും ഞാൻ ഇതിനെ ഇങ്ങനെ വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തീരുമാനിച്ച് സഹോദരിയുടെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ ഒരു ഇളം താമരയെ ആന വലിച്ചെടുക്കുന്ന പോലെ വലിച്ചെടുത്തു ജനന മരണങ്ങൾക്ക് അതീതയായ അവളെ അവിടെയുള്ള പാറക്കല്ലില് പാറപ്പുറത്ത് പിഷ്ടവാൻ അടിച്ചു അടിച്ച ഉടനെ ദേവി കയ്യിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് വഴുത്തിപ്പോയി വെളിച്ചം പിടിച്ചാൽ കിട്ടുമോ വെളിച്ചം വഴുത്തിപ്പോണ പോലെ വഴുത്തിപ്പോയി എന്നിട്ട് ആകാശത്തിലെങ്ങനെ അഷ്ടൗ ഭുജാംഗീം മഹിഷസ്യമർദ്ദിനം സശങ്കചക്രാം ശരശൂലധാരിണീം തീം സഹജാതവേധസീം ദുർഗാം സദാശരണമഹം പ്രപത്തെ എട്ടുഭുജങ്ങളോടുകൂടെ ദിവ്യയുധങ്ങളോടുകൂടെ ദേവി ആകാശത്തിൽ നിന്നു ഭട്ടതിരി പറഞ്ഞു ഭഗവാനെ ഉപാസിക്കുന്നവർ എങ്ങനെ മൃത്യുപാശത്തുനിന്ന് പെട്ടെന്ന് പുറത്തുവരുമോ അതുപോലെ വന്നു തോബവതുപാസകോ ഝട്ടിതി മൃത്യുപാശാതിവ പ്രമുച്ചതരസൈവസാ സമധിരുൂഢ അതസ്ഥലമുജങ്മുഷീ വികസ്ടാഹുസ്ഫുരൻ മഹായുധമഹോ ഗതല വിഹായസാദി ആകാശത്തിലങ്ങനെ വന്ന് പ്രകാശിച്ചു നിന്നു എട്ടു കൈകളിൽ ദിവ്യയുധങ്ങൾ ധരിച്ചുകൊണ്ട് ആകാശത്തേക്ക് ഉയർന്ന് അങ്ങനെ പ്രകാശിച്ചു നിന്നു നൃഷംസതരകംസ േ കിമയാഷ്പിഷ്ടയാം ബവദന്തേ ഹിതം ഹേ കംസ ഹേ മഠയ ദുഷ്ട എന്നെ അടിച്ചിട്ട് എന്ത് കാര്യം എന്നെ ഒന്നും ചെയ്യാൻ തനിക്ക് പറ്റില്ല ഒരു ഭക്തൻ പറഞ്ഞു എന്താ ദേവിക്ക് തന്നെ മഹിഷാസുരമർദ്ദിനിയല്ലേ ഇവനെ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന് വെച്ചാൽ ദേവി പറഞ്ഞു കാലിൽ പിടിച്ചു ഒന്നുമില്ലെങ്കിൽ അടിക്കാനായിട്ട് എങ്ങനെങ്കിലും കാലിൽ അത്ര പിടിച്ചത് അപ്പോ കിമുമായ വിനിഷ്പിഷ്ടയാ ഒരു ഉപദേശം കൊടുത്തിട്ട് പോയി ദേവി ഈ സാധുക്കളെ ദ്രോഹിക്കേണ്ട കഷ്ടപ്പെടുത്തേണ്ടത് തന്റെ അന്തകൻ എവിടെയോ ജനിച്ചിരിക്കുന്നു ബഭൂവഭവദന്തകന ചിന്തി തനിക്ക് നല്ലത് വേണമെങ്കിൽ ഇനിയുള്ള കാലം നല്ലത് ചെയ്യൂ ചിന്തി ചിന്തിക്കൂത്തെ ഹിതം ചിന്തിയതാം ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്നും മറഞ്ഞു ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലായി ചെന്നിരുന്നു എന്നാണ് നാരായണീയായിട്ട് ചെന്നിരുന്നു ഇതിത്വത വിഭോലമുദീം ജഗ്മുഷീ മരുദ്ഗണ പണായിതാ ഭൂപിച്ച മന്ദിരാണ്യുഷീ അനേക ദിവ്യക്ഷേത്രങ്ങളില് ശക്തിപീഠങ്ങളിൽ ചെന്നിരുന്നു അത്രേ ദേവി അങ്ങനെ ആവിർഭവിച്ച ശക്തി ഒരു ക്ഷണം മാത്രം അവിടെ നിന്നിട്ട് ശക്തിപീഠങ്ങളിൽ ചെന്ന് അവിടെ അവിടെ ആയിട്ടിരുന്നു ഭൂമി വിട്ടു പോയില്ല മായ ഈ അവതാരത്തിന്റെ ഉദ്ദേശം ചോദിക്കും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയണു എന്റെ മായയെ വശീകരിച്ചുകൊണ്ട് ഞാൻ ജനിക്കും എന്നാണ് അവളെയും കൂട്ടിക്കൊണ്ടുവരണം എന്നാലേ നടക്കുള്ളൂ കൃഷ്ണാവതാരത്തിൽ പൂർണ്ണ ബ്രഹ്മം ഭഗവാൻ ഒരു വശം വേറെ ഒരു വശം പൂർണ്ണമായ പൂർണമായ അതാണ് കൃഷ്ണാവതാരത്തിന് ഒരുവിധത്തിലും വ്യാഖ്യാനിക്കാൻ പറ്റാത്തത് പൂർണ്ണ ബ്രഹ്മമാണെങ്കിൽ എങ്ങനെ ഇരിക്കണം ശ്രീശുഖബ്രഹ്മ മഹർഷിയെപ്പോലെ ഇരിക്കണം പക്ഷെ കൃഷ്ണൻ എങ്ങനെയാണോ ഇരിക്കണത് പൂർണലൗകികനെ പോലെ ഇരിക്കണു ഒരു വശത്ത് പൂർണമായ അപ്പൊ ഒരു വശത്ത് പൂർണമായി മായയെ ഭഗവാൻ കൂടെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്നാലേ ഈ അവതാര കർമ്മങ്ങളൊക്കെ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ സുഖബ്രഹ്മ മഹർഷിയെ മാതിരി ഇരിക്കേണ്ടി വരും അപ്പൊ ഒരു വശത്ത് പൂർണ്ണ ബ്രഹ്മം വേറൊരു വശത്ത് പൂർണമായ ആ മഹാമായയെ കൂടെ കൂട്ടിക്കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ആ മഹാമായ ആ ശക്തിപീഠങ്ങളിൽ അവിടെ അവിടെയായി ഇരുന്ന അവതാരകാര്യങ്ങൾ നടത്താനായിട്ട് അവളും വേണം ഇവിടെ ഇവരുടെ ഓരോരുത്തരുടെയും ബുദ്ധിയിലും കയറിയിരുന്നു ദുര്യോധനാദികളുടെ ബുദ്ധിയിൽ ധർമ്മപുത്രരുടെ ബുദ്ധിയില് സകല പേരുടെ ബുദ്ധിയിലും കയറിയിരുന്നു അവരവർക്ക് അനുസരിച്ച് അതാത് സമയത്തിൽ ഓരോന്ന് തോന്നിക്കണം യുദ്ധം ഉണ്ടാക്കണം ചൂത് കളിക്കാൻ തോന്നിക്കണം എല്ലാം തോന്നിക്കണം ഇതൊക്കെ യാവി സർവഭൂതേഷു ബുദ്ധി രൂപേണ സംസ്ഥിതാണ് എന്നാലേ ഇനി അവതരിച്ചതിന്റെ ഉദ്ദേശം നടക്കുന്നു അങ്ങനെ മഹാമായ അതാത് ദേവി ക്ഷേത്രങ്ങളിൽ ചെന്നിരുന്നു പ്രകേ പുനരഗാത്മജാവീരിതാ ഭൂഭുജ കംസന് വിഷമം അഹോ ദൈവമപി അനൃതം ഭക്തി കംസൻ പറയണത് ഞങ്ങളെ നുണ പറയുള്ളൂ എന്ന് വിചാരിച്ചു ഇപ്പൊ ദേവന്മാരും നുണ പറയാൻ തുടങ്ങി വെറുതെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്ത് ആരോ വിളിച്ചു പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഉള്ള കുട്ടികളെയൊക്കെ കൊന്നുവല്ലോ തൽക്കാലത്തേക്ക് ഒരു ക്ഷമായാചനമൊക്കെ നടത്തി ദേവികിയുടെ അടുത്ത് എന്നിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി പ്രളമ്പൻ ഭകൻ പൂതന മുഷ്ടികൻ ചാണൂരൻ മുതലായിട്ടുള്ളവരെയൊക്കെ വിളിച്ചു കുമാരക അവർക്ക് എന്താ പണി എന്ന് വെച്ചാൽ ഓരോരു സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലോ ഓരോരുത്തർക്കും അതുപോലെ കംസന്റെ കൂട്ടത്തില് ഉള്ള സ്പെഷ്യലിസ്റ്റുകളാണ് എന്ത് സ്പെഷ്യലൈസേഷൻ വെച്ചാ കുമാരക വിമാരക കുട്ടികളെ കൊല്ലുന്നതിൽ സ്പെഷ്യലൈസേഷൻ കുട്ടികളെ കൊല്ലുന്നതേ ജോലിയായിട്ടുള്ളവരാത്രയും ഇവർ കുമാരക വിമാരകിമീവ ദുഷ്കരം നിഷ്കൃപൈ ചെറിയ കുട്ടികളെ എങ്ങനെ കൊല്ലാൻ പാടുവോ അത് ആർക്ക് സാധിക്കും എന്ന് വെച്ചാൽ ഭട്ടതിരി പറഞ്ഞു ഇവരെ പോലെ ഉള്ളവർക്ക് നിഷ്കൃപൈഹി അറിയാത്തവർക്ക് എന്ത് തന്നെ കടപ്പശുഭ മതിരെ ത്യി മുക്കുന്ദനന്ദ പ്രിയാ പ്രസൂതി ശയേശിക്ക്ദത് പേ വിബുദ്ധ്യവനിതൈ തനയ സമ്പോഷിത്തെ മുദിമു വദമ്യഹോ സകലമാകുലം ഗോകുലം ഇത്ര നേരം നല്ല ചന്തകുട്ടിയായിട്ടും ഇണ്ടാതെ ഇരുന്നവൻ അവിടെ കൊണ്ട് വിട്ട് വസുദേവര് പോയി ഭദ്രമായിട്ട് മധുരയിൽ പോയി ജയിലില് കയറിയ ശേഷം ക്വാ ക്വാ നിലവിളിച്ചു അപ്പോഴാണ് ഇവരുടെ ഉറക്കമൊക്കെ പോണത് ഉറക്കമൊക്കെ പോയവർ എഴുതേറ്റു കുട്ടി ജനിച്ചിരിക്കുന്നു എപ്പൊ ജനിച്ചു അറിയില്ല പ്രസൂതി ശയേ പ്രസൂതി കട്ടിലെ പ്രസവക്കട്ടില് കിടക്കുന്നത് കണ്ടു രൂപി അഞ്ചേ ിച്ചുകൊണ്ട് ഇങ്ങനെ കാല് കൊടഞ്ഞുകൊണ്ട് കരയുന്ന കുട്ടിയെ കണ്ട് എല്ലാവരും ഓടി വന്നു പരമസന്തോഷം സകലമാകുലം ഗോകുലം ഗോകുലം മുഴുവൻ ഇളകി നന്ദഗോപര്ക്കൊരു കുട്ടി ഉണ്ടായിരിക്കുന്നു അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം നന്ദഗോപരക്കേ കുട്ടി ഉണ്ടായിരിക്കുന്നു കുട്ടി എങ്ങനെയുണ്ട് നവകളായ ചേതോഹരം പുതിയ കായാമ്പുപോലെ മനോഹരമായ കുട്ടി കറുത്ത കുട്ടിയാണ് കറുപ്പുകുട്ടി നന്ദഗോപുരയ്ക്ക് എങ്ങനെ കറുപ്പുകുട്ടി നന്ദഗോപുര സ്വർണവർണമാണ് അത്ര ഈ നന്ദഗോപുരക്ക് എങ്ങനെ കറുപ്പുകുട്ടി അതാണ് പക്ഷെ കറുപ്പുകുട്ടി എന്ന് പറയാം കായാമ്പുപോലുള്ള വർണ്ണം നവകളായ ചേത്തോഹരം പിനസ്തനഭരം നിജം സപതി പായയന്ത്യാമുദാ അങ്ങനെ നന്ദഗോപുതനായി കണ്ണൻ അവിടെ പിറന്നു ഭഗവാനെ കാണാനായിട്ട് ഗോകുലത്തിലേക്ക് ഓടി ഓടി ഓടി ഓടി വരുന്നു ഗോപസ്ത്രീകളെല്ലാം വരുന്ന വഴിയിൽ അവർ കഴുത്തിലിട്ടിരിക്കുന്ന മാലവരിടത്ത് വീഴുന്നു ഉടുത്തിരിക്കുന്ന വസ്ത്രം വീഴുന്നു എന്ത് വീണാലും അറിയണില്ല എന്നാണ് അങ്ങനെ ഗോപികൾ കണ്ണനെ കാണാൻ വന്ന് നന്ദഗോപരുടെ ഗൃഹം മുഴുവൻ ഗോപസ്ത്രീകൾ വന്ന് നിറഞ്ഞു നന്ദഗോപുര ഈ സമയം കരം കൊടുക്കാനായിട്ട് മധുരാപുരിയിലേക്ക് പോയി അവിടെ വസുദേവർ ആയിട്ട് സംവാദം ചെയ്തു വസുദേവർ നന്ദഗോപുരോട് പറഞ്ഞു അങ്ങ് വേഗം തിരിച്ച് ഗോകുലത്തിലേക്ക് പോകണം അവിടെ അനേക ആപത്തുകൾ വരാനുള്ള സാധ്യതയുണ്ട് പരസ്പരം സംവാദം ചെയ്തു ധീര ധീരനായ വസുദേവർ ശാന്തനായിട്ടിരിക്കണത് കണ്ട് നന്ദഗോപുര ആശ്ചര്യപ്പെട്ടു അഹോ ആർക്കാണോ ആത്മതത്വം നിശ്ചയമുള്ളത് അങ്ങനെയുള്ളവര് ശോചിക്കില്ല എത്ര ഇടത്താ ഭാഗവതത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു വസുദേവരെ കുറിച്ച് നന്ദഗോപുര് പറയാണ് അദൃഷ്ടം ആത്മനസ്തത്വം യോ വേദാന സമൂഹ്യതി ആര് ആത്മതത്വത്തിനെ അറിയുന്നവനോ അവൻ ദുഃഖിക്കണില്ല വസുദേവർ എത്ര ഗംഭീരമായി ഇത്ര ദുഃഖം അനുഭവിച്ചിട്ട് ശാന്തനായിരിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദഗോപര് വ്രജത്തിലേക്ക് വൃന്ദാവനത്തിൽ ഗോകുലത്തിലേക്ക് വരുന്നു ഇതിനിടയിൽ ഗോകുലത്തിൽ അവൾ വന്നു അവൾ വരണു അവിടെ മുഴുവൻ പ്രചാരമാണ് ആരാ പൂതന കുട്ടികളെ കുമാരക വിമാരകാ പൂതന അങ്ങോട്ട് വരുന്നു തദനുനന്ദമന്ദശുഭം നൃപപുരീം കരദാന കൃതേഗതം സമവലോക്യജാദവത് പിത വിത കംസസഹായ ജനോദ്യമ ഇവിടെ വസുദേവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു അവസരെ ഖലു തത്രചന വ്രജപദേ മധുരാതിരംഗര ഷ്പദാളിതകുന്തള കപടപോതകത്തെ നികടേ ഖലു തത്രചന ഈ സന്ദർഭത്തിലായിട്ട് കാചന ഒരുത്തി അവിടെ വന്നു ബ്രജപദേ മധുരാകൃതിരങ്കനാ മധുരമായി വേഷം ധരിച്ചു മഹാലക്ഷ്മിയെപ്പോലെ വേഷം കിട്ടി വന്നു അത്ര അങ്ങനെ തന്നെ ഭാഗവതം പറയൂ ഇവളെ പോയി ആരെങ്കിലും മഹാലക്ഷ്മിയെപ്പോലെ വേഷം കിട്ടി വന്നു എന്ന് പറയുമോ അങ്ങനെ പറയാൻ പാടുവോ എന്ന് വെച്ചാൽ അതിന് വ്യാഖ്യാനമുണ്ട് എന്ത് ധൈര്യത്തിലാണ് ശ്രീയം ഇവ പതിം ദൃഷ്ടുമാകത്താം എന്നാണ് തന്റെ പതിയെ കാണാൻ വരുന്ന മഹാലക്ഷ്മിയെപ്പോലെ എന്തു വ്യത്യാസം ഇവളെ പോയി മഹാലക്ഷ്മി എന്ന് പറയാവോ എന്ന് വെച്ചാൽ ഇവൾക്ക് ലക്ഷ്മിയുടെ പദവി കിട്ടാൻ പോവുകയാണ് ഭഗവത് പ്രാപ്തി അവൾ എത്ര ദുഷ്ടയായിരിക്കട്ടെ അഭിജിത് സുദുരാചാര ഭഗവത് സമ്പർക്കം ഏർപ്പെടാൻ പോണു അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെയുള്ള തത്ര കാചന മധുരാ കൃതിരങ്കന വേഷം കെട്ടി വന്നു തരളഷ്പദാളിതകുന്തളാം തലയിൽ ധാരാളം പുഷ്പമൊക്കെ വെച്ച് വണ്ടുകൾ പുറകെ മൂളി നടക്കണു ഇത്രേ അങ്ങനെ വേഷം കൊട്ടിക്കൊണ്ട് കപടബോതകതേ നികടം ഗതാ അവിടെ ഇരിക്കുന്ന ഗോപസ്ത്രീകളൊക്കെ ഇവൾ ആരെ ഇവളാരേ ഇവളാരെന്നാശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലളിതഭാവ വിലാസഹൃദത്മഭി യുവതി പ്രതിരോധ നേരെ നന്ദഗോപുരയുടെ ഗ്രഹത്തിൽ വന്നു അവിടെ കപട പോത കാ കപട കുട്ടി കിടക്കണോ ഇതിനെ ആരെങ്കിലും കുട്ടി എന്ന് പറയൂ എവിടെ എവിടെ കുട്ടികളുണ്ടെന്ന് അന്വേഷിച്ചു കൊണ്ടാണ് പൂതന അവൾ അന്വേഷിച്ച് അന്വേഷിച്ച് നന്ദഗോപുരുടെ വന്നു നന്ദഗൃ അസദന്തകം ബാലഗ്രഹസ്ഥ വിചിന്വതീ ശിശൂന് യദൃഛയാ നന്ദഗൃ അസദന്തകം ുണ്ടാവും ചാരം മൂടിക്കിടക്കുമ്പോ അഗ്നിണ്ട് അറിയാതെ തൊട്ട പൊള്ളും അതുപോലെ ഇത് ചാരമാണെന്ന് ധരിച്ച ഒരാളെ അറിവില്ലാത്ത തൊട്ട പോലെ കണ്ണനെ തൊട്ടു അവൾ ഇവനാരാണ് വെച്ചാൽ എടുത്തു മടിയിലും വെച്ചു ഇവളെ കണ്ട ഉടനെ ി ദക്ഷണ ചരാചരത്തിന് ആത്മാവായ വിശ്വരൂപൻ കണ്ണടച്ചു രണ്ട് കണ്ണുകളും അടച്ചു എന്തിനാ ഭഗവാൻ പൂതനയെ കണ്ട ഉടനെ കണ്ണടച്ചതാണെന്ന് അയ്യോ ഭയങ്കര രൂപം ഗോപസ്ത്രീകളൊക്കെ കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നണില്ല ഇവളെ കണ്ടാൽ കണ്ണു തുറക്കാൻ തോന്നണില്ല ചരാചരാത്മാ സനിമീലി ദക്ഷണ ഭഗവാന്റെ കണ്ണ് കാരുണ്യസ്ഥാനം ഇവളുടെ മേലെ കാരുണ്യം വർഷിക്കാൻ പാടില്ല ചരാചരാത്മാ സനിമീലി ദക്ഷണ കണ്ണിന്റെ സൗന്ദര്യം കണ്ട് പൂതനയ്ക്ക് കണ്ണനെ കൊല്ലണം എന്ന് വന്ന ആഗ്രഹം പോയാൽ ഇവൾക്ക് മോക്ഷത്തിനുള്ള മാർഗം തടസ്സപ്പെടും ചരാചരാത്മാ സനിമീലി ദക്ഷണ കണ്ണടച്ച് ഭഗവാനൊന്ന് ആലോചിച്ചു അത്രേ ഇവൾക്കും മുക്തിക്കുള്ള മാർഗം തുറന്നു കൊടുക്കണമല്ലോ അതിനെന്താ വഴി ചരാചരാത്മാ സനിമീലി ദക്ഷണ കണ്ണടച്ച് ഭഗവാൻ നേരെ വിശ്വാമിത്രനെ വിളിച്ചു പറഞ്ഞു വിശ്വാമിത്ര കഴിഞ്ഞ അവതാരത്തിൽ ഒരു സ്ത്രീയെ കൊല്ലാൻ ഞാൻ മടിച്ചപ്പോൾ സ്ത്രീയാണെന്ന് വിചാരിച്ചു കൊല്ലാതിരിക്കരുത് എത്ര ദുഷ്ടമാണെങ്കിലും ശരി ലോക നന്മയ്ക്കായിട്ട് സ്ത്രീയെ കൊല്ലണം എന്ന് അങ്ങ് ഉപദേശിച്ചില്ലേ ഇപ്പോൾ മുൻകൂർ ജാമ്യമെടുക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ അപ്പൊ അതിനു തന്നെ പറയാനായിട്ട് വന്നിരിക്കുകയാണ് ചരാചരാത്മാ സനിമി ദക്ഷണ ഭഗവാന്റെ കണ്ണ് സൂര്യൻ ഒരു കണ്ണ് ചന്ദ്രൻ സൂര്യൻ ജ്ഞാനമാർഗം ചന്ദ്രൻ യോഗമാർഗം ഇവൾക്ക് ജ്ഞാനമാർഗത്തിനുള്ള യോഗ്യതയും ഇല്ല യോഗമാർഗത്തിനുള്ള യോഗ്യതയും ഇല്ല അതുകൊണ്ട് അത് രണ്ടും റൂൾഡ് ഔട്ട് ഭഗവാന്റെ ഒരു കണ്ണ് ഉത്തരായണ മാർഗം ഒരു കണ്ണ് ദക്ഷിണായണ മാർഗം ഇവിടെ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് പിതൃയാഗങ്ങൾ പിതൃ കാര്യങ്ങളും ശ്രാദ്ധവും മറ്റു കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ശുദ്ധമായ ജീവൻ ദക്ഷിണായന മാർഗത്തിലൂടെ ചന്ദ്രലോകം വരെ പോയിട്ട് ചന്ദ്രലോകത്തിൽ അല്പസ്വല്പം പിതൃലോകത്തിൽ സുഖിച്ചിട്ട് തിരിച്ചു ഭൂമിയിലേക്ക് വരും ഉത്തരായണ മാർഗത്തിലൂടെ ജ്ഞാനം ഇവിടെ വെച്ച് തന്നെ ആത്മജ്ഞാനം ദൃഢമായില്ലെങ്കിൽ ശാസ്ത്രീയമായി മാത്രം അറിഞ്ഞുവെങ്കിൽ ഉത്തരായണത്തിലൂടെ സൂര്യലോകത്തിൽ പോയിട്ട് അവിടെ ക്രമേണ ജ്ഞാനം നേടി ജീവൻ ക്രമമുക്തി നേടും ഇത് രണ്ടും ഇവൾക്ക് യോഗ്യതയില്ലാത്തതുകൊണ്ട് ചരാചരാത്മാ സനിമീ ലിതക്ഷണ ഋതസത്യനേത്രം ഭഗവാന്റെ ഒരു കണ്ണ് ഋതം ഒരു കണ്ണ് സത്യം ആത്മജ്ഞാനമുള്ളവന് സത്യത്തിനെ അറിയും ധർമ്മനിഷ്ഠയോടെ പ്രപഞ്ചത്തിന്റെ താളമായി ഋതത്തിനനുസരിച്ച് ജീവിക്കും ഇവൾക്ക് ധർമ്മനിഷ്ഠയും ആത്മജ്ഞാനവുമില്ല അതുകൊണ്ട് ഋതസത്യ നേത്രം രണ്ടു കണ്ണും അടച്ചു ചരാ ചരാത്മാ കണ്ണടച്ച് നേരെ കൈലാസത്തിൽ പോയി ശ്രീപരമേശ്വരനെ വിളിച്ചു അത്രേ മഹാദേവ ഇപ്പോ ഒരു സംശയം ചോദിക്കാനായിട്ട് ഒരു കാര്യത്തിൽ ഒരു കോഴ്സ് എടുക്കാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് എന്താ കാര്യം കൃഷ്ണ ഇതാ അപ്പൊ ഈ പൂതനെ വന്നിരിക്കണു അവൾ സ്ഥാനത്തില് വിഷവും വെച്ചുകൊണ്ട് വന്നിരിക്കണു ഇതുവരെ പോയിസൺ കഴിച്ചിട്ട് ഒരു പ്രാക്ടീസ് ഇല്ലാതെ എങ്ങനെയാ കഴിക്കുക അങ്ങ് കാളകൂടെ വിഷം കഴിച്ചില്ലേ അതിന്റെ ടെക്നിക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് വന്നതാണ് പറഞ്ഞു അത്രേ അപ്പൊ ശിവൻ പറഞ്ഞു അത്രയും തൊണ്ടയോടെ നിർത്തിയാ മതി അകത്തേക്ക് ഇറക്കരുത് പുറത്തേക്കും വിടരുത് ചരാചരാത്മാ സനിമി ലിതക്ഷണ ഇങ്ങനെ കണ്ണടച്ചതിന് അനേക വ്യാഖ്യാനം ചരാചരാത്മാ സനിമി കണ്ണനെ എടുത്തു മടിയിൽ വെച്ചു പോകുമ്പോൾ വേദാന്തികൾ പറയും കയറിനെ പാമ്പായിട്ട് കരുതി എന്ന് പറയും കയറിനെ പാമ്പായിട്ട് കരുതിയാ കയർ കടിക്കില്ല പക്ഷെ പാമ്പിനെ കയർ എന്ന് കരുതിയാ പാമ്പ് കടിക്കും നല്ല മൂർക്കം പാമ്പിനെ കയർ എന്ന് കരുതി എടുത്തു മടിയിൽ വെച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെ എടുത്തു മടിയിൽ വെച്ചു അങ്ങനെ എടുത്തു മടിയിൽ വെച്ചു എതോരകം സുപ്തം അബുദ്ധി രജുധീഹി എന്നാണ് സുപ്തമായ പാമ്പിനെ ഉറങ്ങി കിടക്കുന്ന പാമ്പിനെ കയർ എന്ന് പോലെ സ്ഥനം കൊടുത്തു സ്ഥനം കൊടുത്തപ്പോ ഭഗവാൻ എങ്ങനെ പിടിച്ചു സമതി രുംഗമിത ത്വമോപനരോഷിത മഹദീവ ആമ്രഫലം കുലം പ്രു ചൂഷിത ദുർവിഷദൂഷിതം നല്ല മാമ്പഴം പോലെ ഉള്ള മാമ്പഴം തിന്നുന്ന കുട്ടികളെ പോലെ സുഖമായിട്ട് പാലു കുടിച്ചു പാല് കുടിച്ചു വിഷമാണ് അതിൽ നിറയെ വിഷമാണ് ഭഗവാൻ പറഞ്ഞു സാരമില്ല വലത് സ്ഥനം ഭഗവാൻ വായുവെച്ച് കുടിക്കാൻ തുടങ്ങി കുടിക്കാൻ തുടങ്ങിയതോടുകൂടെ ജീവസ്ഥാനം ജീവമർമ്മമാണത് ഭാഗവതം പറയണം ജീവമർമ്മം ഒരു ജീവന് മുക്തിക്ക് എന്താ മാർഗം ഗുരുവിന്റെ ദീക്ഷ കിട്ടണം ഗുരുവിന്റെ ദീക്ഷ എങ്ങനെയൊക്കെ ഉണ്ടാവും സ്പർശദീക്ഷുണ്ടാവും കടാക്ഷദീക്ഷുണ്ടാവും ചിത്തം കൊണ്ടുള്ള ദീക്ഷയുണ്ടാവും അനേകവിധത്തിൽ ദീക്ഷ അത് മർമസ്ഥാനത്തിൽ ശിരസിൽ ഗുരു ഹസ്തീക്ഷ പാദ ദീക്ഷ ഒക്കെ ഉണ്ട് വെക്കും നെഞ്ചിൽ കൈവയ്ക്കും ഇങ്ങനെയൊക്കെ സ്പർശദീക്ഷകളുണ്ടാകും ഈ പൂതനയ്ക്ക് ഭഗവാൻ ഒരു ദീക്ഷ കൊടുത്തു എവിടെയാ വെച്ചതെന്ന് വെച്ചാൽ നെഞ്ചിൽ കൈയല്ല വായേ വെച്ചു ജഗത്തിനെ മുഴുവൻ മിഴുങ്ങുന്ന ആ ഭഗവാൻ ഇവളുടെ നെഞ്ചിൽ വായുവെച്ചു സകല ജീവമർമ്മങ്ങളിലും കിടക്കുന്ന വാസനകളെ വലിച്ചു സാമുഞ്ച മുഞ്ച അലമിതി പ്രഭാഷിണി നിഷ്പീഡ്യമാന അഖില ജീവമർമ്മണീ വിമുച്ചനേത്രേ ചരണൌഭുജു പ്രസ്വിന്ന ഗാത്രാക്ഷിപതീരുധ അങ്ങനെ സകല ശരീരത്തിലെ കോശങ്ങളിൽ എവിടെ എവിടെ വാസനകൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ ആ വാസനകളെ മുഴുവൻ സ്ഥലത്തിൽ വലതുവശത്ത് ഹൃദയസ്ഥാനത്തിൽ വായി വെച്ചു ലോകത്തിൽ എവിടെ പോയാലും ആരും അവരവരെ പറയുമ്പോൾ ഞാൻ ഞാൻ ഞാൻ ഇവിടെ കാണിക്കും കണ്ടിട്ടുണ്ടോ കൈയും മെനക്കെട്ടും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വലതുവശത്ത് നെഞ്ചില് വെരല് ചൂണ്ടി ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് പറയും ഒരാള് തലയിൽ ഞാൻ എന്ന് പറയണത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഒരാളെങ്കിലും ഉദരത്തിൽ തൊട്ടിട്ട് ഞാൻ എന്ന് പറയുന്നത് ഇതുവരെ കണ്ടിട്ടില്ല ഒരാളെങ്കിലും ഹൃദയസ്ഥാനം വലതുവശത്ത് കൈ മെനക്കെട്ട് പൊന്തിച്ചു കൊണ്ടുവന്ന് ലോകത്തിൽ എവിടെയുള്ള ആളാണെങ്കിൽ ശരി ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാൻ അവിടെയെ വായി വെച്ചു അവിടെ വെച്ച ഉടനെ ഇവള് നിലവിളിച്ചു മുഞ്ച മുഞ്ച അലമലി പ്രഭാഷിണി നിഷ്പിഢ്യമാനാ അഖില ദൈവ വിടൂ വിടൂ വിടൂ വിടൂന്ന് നിലവിളിച്ചു അത്ര മുഞ്ച എങ്ങനെ അർത്ഥമെടുക്കണം വിടൂന്നാണോ അല്ല ഭഗവത് സ്പർശമേറ്റതോടുകൂടി അലം അലം അലം ഭഗവാനെ മതി ഈ ലോക ഇനി തിരിച്ചുപോയാൽ ആ കംസൻ പറയും ഇനി അവരെ കൊല്ലു ഇവരെ കൊല്ലൂ വീണ്ടും പറഞ്ഞേക്കും ഇത് ചെയ്ത് ചെയ്ത് എനിക്ക് മതിയായി അലം അലം അലം അലം മുഞ്ച മുഞ്ച ഈ ജീവൻ എന്നാണോ സർവേശ്വരനടുത്ത് ഭഗവാനെ ലോകത്തിൽ അനുഭവിച്ചതൊക്കെ മതി അലം അലം എന്ന് പറയണു എന്നു മുഞ്ച മുഞ്ച എന്ന് പറയണോ അന്ന് ഭഗവാൻ ദീക്ഷ തരും ഹൃദയത്തിൽ ഇവന്റെ ഉള്ളിലുള്ള വിഷത്തിനെ മുഴുവൻ ഭഗവാൻ കുടിച്ചെടുക്കും വിഷം എത്ര ജന്മങ്ങളായിട്ടുള്ള വിഷയവാസന ബാഹ്യമായിട്ടുള്ള വിഷം വിഷമല്ല വിഷയമാണ് വിഷം വിഷയവാസനയാണ് വിഷം അത് എത്രയോ ജന്മങ്ങളായി ജീവൻ ആർജിച്ച ഉള്ളിൽ വെച്ചിരിക്കുന്നു സാധാരണ വിഷം എത്രയോ ഭേദം ആചാര്യസ്വാമികൾ പറഞ്ഞു എവിടെയെങ്കിലും ഒരു ബോട്ടിൽ വിഷം വെച്ചത് ദൂരത്തുനിന്ന് കണ്ടു ഇതുവരെ ആരും മരിച്ചിട്ടില്ല സൈനികടായാൽ പോലും വായിൽ വെച്ച് കടിച്ചാലേ മരിക്കണു പക്ഷെ ഈ വിഷയവാസന ഉണ്ടല്ലോ എത്ര ജന്മങ്ങളായി ജീവനെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കണം അപ്പൊ ആ വഷം ഹൃദയത്തിലുള്ള വിഷയവാസനയാകുന്ന വശത്തിനെ മുഴുവൻ സർവേശ്വരൻ എന്നീ ജീവൻ മുഞ്ച മുഞ്ച അലമലമേതി എന്ന് പറയണവോ അപ്പൊ വലിച്ചെടുക്കും അങ്ങനെ ഭഗവാൻ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു പൂതനയുടെ ശരീരത്തിനെ ദഹിപ്പിച്ചപ്പോ അവിടെ മുഴുവൻ സുഗന്ധം പരന്നു എന്നാണ് ഭട്ടതിരി പറഞ്ഞത് ഗോപസ്ത്രീകളോട് ഭഗവാൻ പറയുന്ന പോലെ തോന്നി അത്ര ഗോപികകൾക്ക് ഈ പൂതനാ ശരീരം എരിച്ചപ്പം അവിടെ മുഴുവൻ സുഗന്ധം പറഞ്ഞു മതംഗസംഘസ് ഫലം ക്ഷണേനതാവത് ഭവതാമിത് ഈ പൂതനയുടെ ശരീരത്തിന് ഇങ്ങനെ എന്റെ അംഗസംഘം കൊണ്ട് ഇങ്ങനെ ഒരു സൗഗന്ധ്യമേർപ്പെട്ടു അതുപോലെ ഗോപികകൾക്കൊക്കെ തന്നെ ഭഗവത് സംഘം ഏർപ്പെടും പറയുന്നതായിട്ട് അവർക്കൊക്കെ തോന്നി പറയുന്ന പോലെ ഈ സംഭവം നടന്നു പൂതനയിലെ സ്ഥലത്ത് നിന്ന് കണ്ണനെ എടുത്തുകൊണ്ടുവന്നു ോപികകൾ പൂതനയുടെ സ്ഥലത്ത് നിന്ന് കണ്ണനെ എടുത്തുകൊണ്ടുവന്നു എങ്ങനെ എടുത്തുകൊണ്ടു വന്നു എന്ന് വെച്ചാൽ എടുത്ത് കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ പിശാശ ഭയങ്കരമായ പിശാശ ആ പിശാശ കുട്ടിയെ എടുത്തിട്ടും കുട്ടിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് എടുത്തുകൊണ്ടുവന്ന് കേശവ നാരായണ മാധവ ഗോവിന്ദ മുതലായ നാമങ്ങളുകൊണ്ട് ഗോമൂത്രം കൊണ്ട് സ്നാപനം ചെയ്തിട്ട് ഈ നാമങ്ങളൊണ്ടൊക്കെ രക്ഷ ജപിച്ചു അത്ര കുട്ടിക്ക് കൃഷ്ണന്റെ ഭഗവാന്റെ നാമം ഭഗവാന് രക്ഷ അങ്ങനെ പൂതനാമോക്ഷം ഇനി ഒരു അഞ്ചു മിനിറ്റിന് ശേഷം വൈകുന്നണിയായി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഒരു ദിവസം ഭഗവാന്റെ ഒരു ജന്മ